െ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമുക്ക് വീണ്ടും ആ വാക്യം ഒന്നുകൂടെ നോക്കാം എബ്രാഹർ കെഴുതിയ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന് വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു നമ്മളിവിടെ വായിക്കുന്നത് മോശയുടെ കാര്യമാണ് മോശ മോശയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മോശ മൂന്ന് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചതായിട്ട് നമ്മൾ വായിച്ചു നമ്മൾ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ ഇരുപത്താറാമത്തെ വാക്യം കൂടെ ചേർത്ത് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ മോശ വേണ്ടെന്ന് വെച്ചു ഒന്നെന്ന് പറയുന്നത് പാപത്തിൻ്റെ തൽക്കാലഭോഗം മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു പാപത്തിൻ്റെ തൽക്കാല ഭോഗം താൻ വേണ്ടെന്ന് വെച്ചു രണ്ട് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചാമത്തെ വാക്യം പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവൻ്റെ പുത്രരുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു മൂന്നാമത്തേത് നമ്മൾ ഇരുപത്താറാമത്തെ വാക്യത്തിൽ ഇപ്പോൾ വായിച്ചത് മിശ്രൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു ഇവിടെ മോശ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങൾ പാപത്തിൻ്റെ തൽക്കാലഭോഗം അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ മഹത്വം പർവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്താണ് പർവ്വൻ്റെ പുത്രിയുടെ മകൻ അത് ഈ ലോകത്തിൽ ഉള്ള ഒരു പദവിയാണ് പറവോൻ്റെ പുത്രിയുടെ മകൻ അടുത്ത ഭർവോനാകുക ലോകപ്രകാരം വലിയ ബഹുമാനം ലഭിക്കുന്ന ഒരു കാര്യം ഈ ലോകത്തിൻ്റെ നേട്ടം അതും താനെ വേണ്ടെന്ന് വെച്ചു മൂന്നാമത് മിശ്രൈമിലെ നിക്ഷേപങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ താനെ വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഈ ലോകത്തിൻ്റെ ധനം വേണ്ടെന്ന് വെച്ചു ഈ ലോകത്തിൻ്റെ ബഹുമാനം വേണ്ടെന്ന് വെച്ചു ഈ ലോകത്തിൻ്റെ സുഖം വേണ്ടെന്ന് വെച്ചു ഈ ലോകത്തിൻ്റെ സുഖമെന്ന് പറഞ്ഞപ്പോൾ ആ സുഖത്തെ തൽക്കാലഭോഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമാണ് വേണ്ടെന്ന് വെച്ചതൊക്കെയും തൽക്കാലത്തേക്കുള്ളതാണ് പാപത്തിൻ്റെ തൽക്കാല ഭോഗം അതുപോലെ തന്നെ ഈ ലോകത്ത് ഭർവൻ്റെ പുത്രിയുടെ എന്ന് വിളിക്കപ്പെടുന്നത് എത്ര നാളാണ് ആ ബഹുമാനം എത്ര നാളാണ് എഴുപതേറെ ആയാലും എൺപത് അത്രയേ ഉള്ളൂ നൂറ്റി ഇരുപത് വയസ്സ് വരെ മോശ ജീവിച്ചിരുന്നു എന്നാലും നിത്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതൊക്കെയും വളരെ നിസ്സാരമായ കാലഘട്ടമാണ് അതുപോലെ തന്നെ മിശ്രൈമിലെ നിക്ഷേപം നമ്മൾ ഈ മോശയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് മിസ്രൈമായിരുന്നു ഈജിപ്റ്റായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യം അതിന് ധാരാളം നിക്ഷേപങ്ങളുണ്ടായിരുന്നു അസറ്റുകളുണ്ടായിരുന്നു ഇന്നും ിസ്രൈമിലെ ഈജിപ്തിലെ പിരമിഡുകൾ പിരമിഡുകൾ പിരമിഡുകൾ തുരന്ന് മോഷണം നടത്തുന്ന സംഘങ്ങളുണ്ട് അതെന്തായി പിരമിഡുകൾ തുറന്ന് മോഷണം നടത്തുകയെന്ന് പറഞ്ഞത് പിരമിഡെന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന പറവോനും അതുപോലെ തന്നെ പ്രഭുക്കന്മാരുടെയും ഒക്കെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ പിരമിഡാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് അവിടെ നിൽക്കുന്നത് എന്നാൽ കൊച്ചു കൊച്ചു പിരമിഡുകളും കൊച്ചു കൊച്ച് ശവക്കല്ലറകളും അവിടെയുണ്ട് പഴയതുണ്ട് ആ ശവക്കല്ലറകളിൽ മോഷണം നടത്തുന്ന അതിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന സംഘങ്ങളുണ്ട് എന്തുകൊണ്ട് അവർ അവിടെ മോഷണം നടത്താൻ എന്തുണ്ട് അന്ന് ഒരാൾ മരിക്കുമ്പോൾ ആ ആളിന് ആളിന് ചില സ്വത്തുക്കളുടെ സ്വർണവും പൊന്നും വെള്ളിയും മറ്റ് കല്ലുകളും ഒക്കെ കൂടെ ഈ കല്ലറയിലടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ പോയി ഈ കല്ലറകൾ പൊളിച്ച ആ സ്വത്തൊക്കെ എടുക്കുന്നു ഞാൻ പറഞ്ഞത് മിശ്രയും ഒരു കാലത്ത് ഒട്ടേറെ നിക്ഷേപങ്ങളുള്ള ഒരു സാമ്രാജ്യമായിരുന്നു എന്നാൽ ഇന്നോ ഇന്ന് കാലം കടന്നുപോയി കഴിഞ്ഞപ്പോൾ അതെന്തായിത്തീർന്നു അതൊരു സാധാരണ രാജ്യം മാത്രമായിട്ട് ഇന്നും ഉണ്ട് ഇന്നറിയപ്പെടുന്നത് മറ്റു പല സാമ്രാജ്യങ്ങളും മറ്റ് പല രാജ്യങ്ങളുമാണ് ശക്തമായിട്ടുള്ളത് അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മിശ്രയും ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു പോകുന്നത് മോശ വേണ്ടെന്ന് വെച്ചത് താൻ ഒരു മഠയനായതുകൊണ്ടല്ല മറിച്ച് എന്താ പ്രതിഫലം താൻ നോക്കി ആത്യന്തികമായിട്ടുള്ള വലിയ കാര്യം എന്താ നിത്യതയെ സംബന്ധിച്ചുള്ള കാര്യമാണ് അത് നോക്കിയത് താൻ എന്ത് വേണ്ടെന്ന് വെച്ചു പാപത്തിൻ്റെ തൽക്കാല ഭോഗം വേണ്ടെന്ന് വെച്ചു ഈ ലോകത്തിലെ ഫറവൻ്റെ പുത്രിയുടെ മകൻ എന്ന ബഹുമാനം വേണ്ടെന്ന് വെച്ചു മിസ്രൈമിലെ നിക്ഷേപങ്ങൾ വേണ്ടെന്ന് വെച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തനിക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് നമ്മളതിൻ്റെ മുകളിൽ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ മോശയുടെ മാതാപിതാക്കളെക്കുറിച്ച് വായിച്ചു മോശയുടെ മാതാപിതാക്കൾ എന്ത് ചെയ്തു വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു പിന്നെ പറയുന്നത് അടുത്ത വാക്യം മുതൽ പറയുന്നത് വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗം വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ അങ്ങ് പറഞ്ഞു തുടങ്ങുക ചെയ്തു അപ്പോൾ എങ്ങനെയാണ് മോശയ്ക്ക് ഒരു പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാടും നിത്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ഇന്ന് ഈ കാണുന്നതൊക്കെ തൽക്കാലത്തേക്കുള്ളതാണെന്നും ഒരു ബോധ്യം എവിടെ നിന്നായിരിക്കാൻ ലഭിച്ചത് ഈ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതായിരിക്കാം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം മോശയുടെ മാതാപിതാക്കളെക്കുറിച്ച് നമുക്ക് വലിയ ബഹുമാനമൊന്നുമില്ല അവരെ ആ കുഞ്ഞിനെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ നമ്മൾ കരുതുന്നുള്ളൂ എന്നാൽ അവർ ഈ കുഞ്ഞിനു പകർന്നുകൊടുത്ത ഒരു മൂല്യബോധമുണ്ട് ആ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തെ അവർക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ചൊരു ബോധ്യം ഈ പറവൻ്റെ കൊട്ടാരത്തിൽ വളരാൻ പോകുന്ന കുഞ്ഞിന് നേരത്തെ നൽകാനായിട്ട് ഈ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് മോശയുടെ മാതാപിതാക്കളെക്കുറിച്ച് പോലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് അവരെക്കുറിച്ചുള്ള വേറെ ഒരു മനോഹരമായ കാര്യം എന്താ വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു ഇന്ന് നമ്മൾ നമ്മൾ മാതാപിതാക്കൾ ഇവിടുണ്ടല്ലോ മാതാപിതാക്കൾക്ക് ഇവിടെ നിന്ന് രണ്ട് പ്രബോധനങ്ങൾ നമുക്ക് കിട്ടും ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം ഈ നിത്യതയെക്കുറിച്ചുള്ള മൂല്യബോധം കൊടുക്കണം അത് കേവലം വാക്കുകൊണ്ട് മാത്രം നമുക്ക് കൊടുക്കാൻ ഒക്കുകയില്ല നമ്മൾ വിചാരിക്കുന്ന പിള്ളേരെ വിളിച്ച് പറഞ്ഞ ഇടാം അങ്ങനെയാണ് ഇങ്ങനെയാണ് പിള്ളേരാരാ പിള്ളേർ വളരെ മെടുക്കരാ കുഞ്ഞുങ്ങളെന്തോ ചെയ്യും നമ്മളീ പറയുന്ന വാക്കുകളെയെല്ലാം നമ്മുടെ ജീവിതത്തെ നോക്കും ഇദ്ദേഹം ഇത് പറയുകയും ഇദ്ദേഹത്തിൻ്റെ അന്വേഷണമൊക്കെ മറ്റൊന്നാണെന്ന് അവർ കാണുകയും ചെയ്താൽ അവരെന്തോ ചെയ്യും അവരിതൊരു ഇതൊരു കാവട്ട്യമാണ് എന്നവർ കരുതി ഇതിൽ നിന്ന് മാറിപ്പോകും അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഈ വഴിയിൽ വളർത്തണമെന്ന് പറയുമ്പോൾ അതൊരു കൊച്ചു ഉത്തരവാദിത്വമല്ല അതൊരു വലിയ ഉത്തരവാദിത്വമാണ് മോശയുടെ മാതാപിതാക്കൾ അവരുടെ വാക്കുമാത്രമല്ല അവരുടെ പ്രവൃത്തിയും അവരുടെ മനോഭാവവും അവരുടെ അന്വേഷണങ്ങളും ഒക്കെ ഈ മോശയും അഹരോനും അടുത്ത് നിന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു അവരെ ഈ വഴിയിൽ തന്നെ മുന്നോട്ട് പോയി രണ്ടാമത് നമുക്ക് ആ മോശയുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന രണ്ടാമത്തെ ഒരു സന്ദേശം എന്താ ഇവിടെ നമ്മൾ വായിച്ചത് ആ കുഞ്ഞ് സുന്ദരനെന്ന് കണ്ടു സുന്ദരനെന്ന് കണ്ടു നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സുന്ദരൻ എന്ന് കാണും എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സാധാരണ കുഞ്ഞുങ്ങളാ വലിയ സുന്ദരന്മാരൊന്നുമല്ല സുന്ദരികളൊന്നുമല്ല പക്ഷേ ഇവിടെ സുന്ദരൻ എന്ന് കണ്ടത് കേവലം ശാരീരികമായ സൗന്ദര്യമാണോ അതിനപ്പുറത്തൊരു കാര്യമുണ്ടോ ഒരു പക്ഷേ അക്ഷരാർത്ഥത്തിൽ തന്നെ മോശം സുന്ദരനായിരുന്നു എന്നാൽ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ ദൈവമേൽപ്പിക്കുന്ന ദൗത്യം ചെയ്യത്തക്കവണ്ണം അവർ അതിന് യോഗ്യരാണ് അതിന് അർഹതപ്പെട്ടവരാണ് അതിനവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സുന്ദരരാണ് എന്ന് നമ്മൾ കാണും നമ്മൾ കുഞ്ഞുങ്ങളെ ആ നിലയിൽ പ്രോത്സാഹിപ്പിക്കണം കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നമുക്കെപ്പോഴും അവരുടെ നമ്മളൊരു വലിയ തലത്തിൽ മാതാപിതാക്കൾ ഒരു വലിയ തലത്തിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ താഴത്തെ പടി നിൽക്കുമ്പോൾ നമുക്കെപ്പോഴും അവരുടെ കുറവുകളാണ് നമ്മൾ കാണും ഓ നിന്നെ എന്തോ പിന്നെ കൊള്ളാം നീ അങ്ങനെയാ അങ്ങനെയാ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ കുഞ്ഞ് സുന്ദരനെന്ന് കാണും ഞാൻ പറഞ്ഞത് അവർക്ക് കൊടുക്കേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോത്സാഹനത്തെക്കുറിച്ചാണ് മോശയുടെ മാതാപിതാക്കൾ കുഞ്ഞിനെ സുന്ദരനെന്ന് കണ്ടു എന്ത് എന്ത് കാര്യത്തിൽ സുന്ദരനെന്ന് കണ്ടു ഇവനെ ദൈവമേൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം അവൻ ബ്യൂട്ടിഫുൾ ആണ് അവൻ ഹാൻസമാണ് എന്നവൻ എന്നവർ കണ്ടു പ്രിയപ്പെട്ടവർ നമ്മൾ അതിൽ നിന്ന് പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ നമുക്ക് കിട്ടിയ ആ നിത്യതയുടെ മൂല്യബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം മോശയുടെ മാതാപിതാക്കളെ പോലെ പകർന്നു കൊടുക്കണം രണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടടുത്ത് അവർ ദൈവത്തിൻ്റെ കൈകളിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സുന്ദരരാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവർക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രോത്സാഹനത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കണ്ട് അവരുടെ സൗന്ദര്യത്തെ നമ്മൾ കണ്ട് ഞാൻ പറയുന്ന അക്ഷരാർത്ഥത്തിലുള്ള സൗന്ദര്യമല്ല അവരുടെ സാധ്യതകളെ നമ്മൾ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം മോശിയുടെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അതുകൊണ്ട് താൻ എന്തു ചെയ്തു താൻ വളർന്നപ്പോൾ മോശം താൻ വളർന്നപ്പോൾ താന് മൂന്ന് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു മൂന്ന് കാര്യങ്ങൾ താൻ സ്വീകരിക്കുകയും ചെയ്തു നമുക്ക് നമ്മൾ വായിച്ച ഇരുപത്തിയാറാമത്തെ വാക്യത്തിലേക്ക് വരാം അവിടെ പറയുന്നു മിശ്രൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ഒടുവിലായിട്ട് ധനത്തെ വേണ്ടെന്ന് വെച്ചു ഈ ലോകത്തിൻ്റെ ധനം അതിനേക്കാളും ക്രിസ്തുവിൻ്റെ വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു ഇവിടെ കണ്ടോ മിശ്രൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന് വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു എങ്ങനെയാണ് ഈ മോശ ക്രിസ്തുവിൻ്റെ നിന്ന് എവിടെയാണ് മോശയെ സംബന്ധിച്ചിടത്തോളം മോശ മോശയുടെ ചരിത്രം നമുക്കറിയാം മോശ വളർന്നപ്പോൾ താന് താന് മുന്നോട്ട് വന്നപ്പോൾ തനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ താനെ ഈ ജനത്തെ വിമോചിപ്പിക്കാനുള്ള വിമോചകനാണ് എന്ന ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ തൻ്റെ കരുത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി പക്ഷേ ദൈവം എന്തു ചെയ്യും ദൈവം ഒരാൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് സ്വന്തം കരുത്തിൽ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമുക്കൊക്കെ സ്വാഭാവികമായ സ്വയബലമുണ്ട് സ്വന്തം ബലമുണ്ട് സ്വന്ത ആത്മീയ കാര്യങ്ങൾ ചെയ്യേണ്ടത് മറിച്ച് ദൈവം ഒരുവനെ ഒരു ദൈവത്തിൻ്റെതായ ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പം അവൻ്റെ സ്വന്ത ബലത്തെ ദൈവം എന്തു ചെയ്യും അതിനെ തകർക്കും അതിനെ തകർക്കും മോശയുടെ ജീവിതത്തിൽ അത് നടന്നു മോശ വിചാരിച്ചു ചെറുപ്പം മുതൽ കിട്ടിയ തനിക്ക് കിട്ടിയ ഒരു ബോധ്യമനുസരിച്ച് ഈ ജനത്തെ വിമോചിപ്പിക്കാൻ താനാണ് വിമോചകൻ എന്ന് കരുതി അവിടെ ആയിരിക്കുമ്പോൾ ഇസ്രൈമിലായിരിക്കുമ്പോൾ താൻ ചില ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങൾ എന്ത് ചെയ്തു പരാജയപ്പെട്ടു പോയി പരാജയപ്പെട്ട് താനൊന്നുമില്ലാതെ അവിടെ നിന്ന് ഒളിച്ചോടി ഇത്രോവിലെ ഇത്രോവിൻ്റെ ആട് ആടുകളെ പ പാലിക്കുന്ന പരിപാടിയൊക്കെ ചെയ്ത് മരുഭൂമിയിലങ്ങനെ താൻ ആയിരിക്കുന്നു കണ്ടോ അവിടെ ആ നിരവധി വർഷങ്ങൾ താൻ മരുഭൂമിയിൽ അങ്ങനെ ആയിരിക്കുമ്പോൾ തൻ്റെ ബലമെന്തി ഒരു ബലവുമില്ല ഇപ്പം മോശെ നമ്മൾ വിളിച്ച് ചോദിക്കുക മോശേ നിനക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം അയ്യോ എന്നെ കൊണ്ട് ഒക്കുകയില്ല എന്നെക്കൊണ്ട് അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു ഇസ്രേമിലായിരുന്നപ്പോൾ പറവോൻ്റെ പുത്രയുടെ മകനായിരിക്കുമ്പോൾ പിന്നെയും സാധ്യത ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ മരുഭൂമിയിൽ ആടിനെ മേയിച്ച് ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കും എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് സ്വന്തം ബലം പൂർണ്ണമായിട്ട് തകർന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മുൾപടർപ്പിൽ നിന്ന് ദൂതൻ മോശയെ വിളിക്കുന്നത് നമ്മൾ ആ കാര്യം കാണുന്നുണ്ടല്ലോ പുറപ്പാണ് പുസ്തകം മൂന്നാമധ്യായം മൂന്നാമധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വാക്യം അവിടെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേവ് വരെ ആടുകളെ മേയിച്ചുകൊണ്ട് വന്നപ്പം അവിടെ ഹോവയുടെ ദൂതൻ മുൾപ്പടർപ്പൻ്റെ നടുവിൽ അഗ്നി ജ്വാലി പ്രത്യക്ഷനായി എന്നിട്ട് തുടർന്ന് നമ്മൾ വായിക്കുന്നു അതിൻ്റെ ഏഴാമത്തെ വാക്യം ൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു കണ്ടോ ഈ അടിമജനത്തിനോട് ചേർന്ന് ദൈവം നിൽക്കുക ആ സങ്കടങ്ങൾ ഈ ദൂതനറിയാണ് ചെയ്യുന്നത് നമ്മളെ യശയാവിൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യം കാണുന്നുണ്ട് യശയാവിൻ്റെ പുസ്തകം 63 अरुपत्मू अद्याय वो ई सन्मुख दूतने नाम वाईकों अगर अरुति मूदा वाक्यं कष्टतु सूतन रक्षा तेहतु कीतु पुरातन कल तो അവരെ ചുമന്നുകൊണ്ട് നടന്നു കേട്ടോ ഏഷ്യാവ് അറുപത്തി മൂന്നിൻ്റെ ഒൻപതിൽ നമ്മളൊരു ദൂതനെ കാണുക ഇവിടെ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നും വിളിച്ചത് ആരാണ് ഒരു ദൂതനാണ് വിളിച്ചത് ഈ ദൂതൻ പറയുന്നു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് സംസാരിച്ച് ആ ദൂതൻ പറയുന്നു ഞാനെന്ത് ചെയ്യുന്നു എൻ്റെ ജനത്തിൻ്റെ കഷ്ടം കഷ്ടം കാണുന്നു കഷ്ടം കണ്ടു എന്ന് മാത്രമല്ല കണ്ടു കണ്ടു രണ്ട് വട്ടം കൂടെ പറയുന്നുണ്ട് നമ്മൾ വായിച്ചെടുത്ത് കണ്ടല്ലോ ഏ എന്നിട്ട് അവരുടെ നിലവിളി താൻ കേട്ടു അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരുടെ സങ്കടങ്ങൾ അറിയുന്നു പുറപ്പാട് പുസ്തകം മൂന്നിൻ്റെ ഏഴിൽ നമ്മൾ അങ്ങനെയാണ് വായിച്ചത് അങ്ങനെ വായിച്ചതിനോട് ചേർത്ത് അറുപത്തി മൂന്നിൻ്റെ ശിയാവ് അറുപത്തി മൂന്നിൻ്റെ ഒ ഒമ്പത് വായിക്കുക അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു കണ്ടോ ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ ജനത്തോടെ എന്തു ചെയ്യുക താതാൽമ്യപ്പെടുക ചെയ്യുന്നത് താതാൽമ്യപ്പെടുക അവർ കഷ്ടപ്പെട്ടപ്പോൾ ആരും കഷ്ടപ്പെട്ടു ഈ ദൂതനും കഷ്ടപ്പെട്ടു അവരുടെ സങ്കടം ഈ ദൂതൻ്റെയും സങ്കടമാണ് അങ്ങനെയാണ് ആ സന്മുഖദൂതനെക്കുറിച്ച് വായിക്കുന്നത് എന്നിട്ട് അവരെ സ്നേഹത്തിലും കരിവിലും വരെ വീണ്ടെടുത്തു അവരെ ചുമന്നുകൊണ്ട് നടന്നു ചുമന്നുകൊണ്ട് നടന്നു എന്നൊക്കെ പറയുമ്പോൾ നാൽപ്പത് വർഷം മരുഭൂമിയിൽ ഈ ആറ് ലക്ഷം വരുന്ന ആ പുരുഷപ്രജ ഉൾപ്പെടെയുള്ള ആ വലിയ ജനത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്ന പോലെ എടുത്തുകൊണ്ട് നടന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ അതുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഈ സമൂഹദൂതൻ എന്താണ് ആ സമൂഹദൂതൻ ഇവരുടെ കഷ്ടതകളെ ദൂരെ നിന്ന് കാണുകയോ ദൂരെ നിന്ന് കേൾക്കുകയോ ചെയ്യുകയോ മാത്രമല്ല അവരുടെ കഷ്ടങ്ങളിൽ താനും പങ്കാളിയായി പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട് നമുക്ക് തരുന്ന ധൈര്യം എന്താ നമ്മൾ നമ്മളിന്ന് ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില നിന്നകളിലൂടെ കടന്നു പോകുമ്പോൾ ആ നമ്മൾ വിചാരിക്കുന്നത് നമ്മളാ കഷ്ടപ്പെടുന്നതെന്നാണ് എന്നാൽ നമ്മുടെ കൂടെ ആരുണ്ട് നമ്മൾ നമ്മുടെ കർത്താവ് നമ്മോടൊപ്പം ഉണ്ട് ഈ സമൂഹദൂതൻ അവനും കഷ്ടപ്പെട്ടു തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയിൽ അവരുടെ കഷ്ടതയിലൊക്കെയും അവനും കഷ്ടപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഓ നമ്മൾ പറഞ്ഞു പോകുന്ന വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം നമ്മൾ മോശയുടെ കാര്യമാണല്ലോ പറഞ്ഞത് മോശയെ ഒരു ദൂതൻ വിളിച്ചു ദൂതൻ വിളിച്ചു ഇങ്ങനെയെല്ലാം പറഞ്ഞു അതിൻ്റെ മുന്നോട്ടും ഈ ദൂതൻ്റെ പ്രത്യക്ഷത നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൽ ഒടുവിൽ ഇവരെ വിമോചിപ്പിച്ചുകൊണ്ട് പോകുന്ന ആ ഘട്ടത്തിലും നമ്മൾ ഈ ദൂതനെ കാണുന്നുണ്ട് പതിനാലിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു അപ്പം മോശയെ വിളിച്ച ദൂതൻ ആ ദൂതൻ്റെ ഒരു സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉടനീളം കാണാനായിട്ട് കഴിയും സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നുണ്ട് ഇരുപതാമധ്യായം സംഖ്യാപുസ്തകം അതിൻ്റെ ഇരുപതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരുപതാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം നോക്കുക ഞങ്ങൾ എഹോയോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ടു ഒരു ദൂതനെ അയച്ച് ഞങ്ങളെ മിശ്രമിൽ നിന്ന് പുറപ്പെടുവിച്ചു കണ്ടോ ഒരു ദൂതൻ ദൂതൻ എന്നുള്ളത് ആവർത്തിച്ചു വരുന്നു മോശെ ഉൾപ്പെടർപ്പിൽ നിന്നൊരു ദൂതൻ വിളിച്ചു ഇസ്രായേൽ എന്നിട്ട് ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ട് പോകുന്നിടത്തും ആ ദൂതൻ്റെ സാന്നിധ്യമുണ്ട് ഇവിടെ നമ്മൾ സംഖ്യാപുസ്തകത്തിലും വായിച്ചു ഒരു ദൂതൻ എന്താ ഇതിനെ ഈ കാണിക്കുന്ന ഈ ദൂതൻ എന്ന് പറയുമ്പോൾ യശയാവ് അറുപത്തി മൂന്നിലും നമ്മൾ കണ്ടു ഒരു സമൂഹ ദൂതൻ എന്ന് നമ്മൾ കണ്ടു ഇതെന്തിനെയാണ് കാണിക്കുന്നത് ഇത് കാണിക്കുന്നത് നമ്മൾ ദൂതന്മാരുടെ പ്രത്യക്ഷത പഴയ നിയമത്തിൽ പലയിടത്ത് നമുക്ക് കാണാൻ കഴിയും പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും നമുക്ക് പലയിടത്തും കാണാൻ കഴിയും ആദ്യം നമ്മൾ ദൂതൻ വന്ന് നേരിട്ട് സംസാരിക്കുന്നത് നമ്മൾ ഹാഗാറിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹാഗാർ അബ്രഹാമിൻ്റെ ആ ദാസി താന് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തം പതിനാറാം അധ്യായത്തിലാണ് ആ കുഞ്ഞുമായിട്ട് അതെ വിഷമിച്ചായിരിക്കുമ്പോൾ അവിടെ ഒരു ദൂതൻ വരുന്നു ആ ദൂതൻ അവിടെ ആകാറിന് പ്രത്യക്ഷമാകുന്നു പിന്നെ നമ്മൾ പല ഭാഗങ്ങൾ കാണുന്നുണ്ട് പിന്നെ മുന്നോട്ട് വരുമ്പോൾ അബ്രഹാമിന് എന്ത് ചെയ്യുന്നു അബ്രഹാമിന് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു ദൂതൻ തൻ്റെ വീട്ടിലേക്ക് വരുന്നു യാക്കോ യാക്കോവിൻ്റെ ജീവിതത്തിൽ യാക്കോവ് ഒരു ദൂതനുമായിട്ട് മല്ലുപിടിച്ചു യോശുവ യോശുവാ താനൊരു ദൂതനെ കാണുന്നുണ്ട് ഇങ്ങനെ ദൂതന്മാർ പലയിടത്ത് പലയിടത്ത് പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് പഴയ നിയമത്തിൽ പലയിടത്ത് കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോഴും ആരുണ്ട് പുതിയ നിയമത്തിൽ എന്ന് പറയും അപ്പോൾ നോക്കുക ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ബൈബിളിൽ ഉടനീളം നമ്മൾ ചില ദൂതന്മാരുടെ പ്രത്യക്ഷതകൾ നമ്മൾ കാണുന്നുണ്ട് ഈ ദൂതന്മാരാരാണ് ഇതിൻ്റെ അകത്ത് രണ്ട് ദൂതന്മാരുടെ പേരുകൾ മാത്രമേ നമുക്കറിയുള്ളൂ ഒന്ന് മീകായലെന്നും ഗബ്രിയലെന്നും അവർ രണ്ട് രണ്ട് രംഗങ്ങളിൽ വന്ന് പരിചയപ്പെടുത്തി മീ ഗായ ബാക്കിയൊക്കെ ആരാ ബാക്കി നമ്മൾ ദൈവവചനം നമുക്ക് ഇതെല്ലാം എടുത്ത് ചിന്തിപ്പാനായിട്ട് സമയമില്ലെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ സംക്ഷേപിച്ച് പറയാം ദൈവത്തിൻ്റെതായ അരുളപ്പാട് നൽകാനും ദൈവത്തിൻ്റെതായ ദൗത്യം നിർവഹിക്കാനും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട് പല ദൂതന്മാരെ അയച്ചിട്ടുണ്ട് പല ദൂതന്മാരെ അയച്ചു മീഹായയിലും ഗബ്രിയയിലും അതുപോലെയുള്ള ദൈവത്തിൻ്റെ ദൗത്യവാഹകന്മാരായ ദൂതന്മാരാണ് അതുപോലെയുള്ള പല ദൂതന്മാരുണ്ട് ദൂതന്മാരിൽ നമുക്കറിയാമല്ലോ ദൂതന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഘം ആരോടൊപ്പം പോയി ലൂസിഫറിനോടൊപ്പം വീണ് എങ്കിലും ബാക്കി ഉള്ള ദൂതന്മാർ അവർ നമ്മുടെ നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം പല കാലഘട്ടങ്ങളിലായിട്ട് അയയ്ക്കുന്ന ദൂതന്മാർ നമ്മളങ്ങനെ അതിനെക്കുറിച്ചേ കാണുന്നു അവരുടെ സേവകാത്മാക്കളല്ലയോ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഒരു ദൈവത്തിൻ്റെ ജനത്തെ മുന്നോട്ട് നടത്താനായിട്ടും അവരെ ധൈര്യപ്പെടുത്താനായിട്ടും അവർക്കൊരു വചനം നൽകാനായിട്ടും അവരുടെ യുദ്ധങ്ങൾ നടത്താനായിട്ടും ഒക്കെ ദൂതന്മാർ വന്നത് നമ്മൾ കാണും എന്നാൽ ഇവിടെ ഈ മോശയുടെ അടുത്ത് വന്ന ദൂതൻ എന്തു ദൂതനാണ് നമ്മൾ ആ വാക്യത്തെ വാക്യത്തോട് താരതമ്യം ചെയ്യുമ്പോഴേ നമുക്ക് ആ കാര്യം മനസ്സിലാകുകയുള്ളൂ നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിലേക്ക് വരാം ഈ ദൂതൻ എന്ത് ദൂതനാണ് മൂന്നിൻ്റെ പുറപ്പാട് പുസ്തകം മൂന്നിൻ്റെ മൂന്നിൽ നമ്മൾ വായിക്കുന്നു അവിടെ യെഹോയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് നടുവിൽ നിന്ന് മോശയെ വിളിക്കുന്നു മോശയെ വിളിക്കുന്നു എന്നിട്ട് നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം ആ വലിയ കാഴ്ച മുൾപ്പടർപ്പ് വെന്ത് പോകാതിരിക്കുന്ന വലിയ കാഴ്ച എന്തെന്ന് ഞാൻ നോക്കട്ടെ എന്ന് മോശം പറഞ്ഞു നോക്കേണ്ടതിന് അവൻ വരുന്നത് യെഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്തായിരുന്നു ഒരു യഹോയുടെ ദൂതന്നാണ് വായിച്ചത് എന്നാൽ അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നത് ആരാണെന്ന് വ്യക്തമായിട്ട് പറയുന്നു ദൈവം തന്നെയാണ് അവിടെ നിന്നത് എന്ന് വ്യക്തമായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ നിലയിൽ ദൈവം തന്നെ ദൈവം തന്നെ ദൈവദൂതനായിട്ട് വന്ന ചില രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ മുമ്പേ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിലെ ഒരു രംഗം നമുക്ക് നോക്കാം ദൈവം തന്നെ ദൈവദൂതനായിട്ട് വന്ന രംഗങ്ങൾ ചിലത് നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനാറാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് കണ്ടു അവിടെ അവിടെ എന്താ സംഭവം പറയുന്നത് ഹാഗാർ എന്തോ ചെയ്യുന്നു അവന് ഹാഗാറിൻ്റെ കഥ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഏഴാമത്തെ വാക്യം ഏഴാമത്തെ വാക്യത്തിൽ അവളെ അഭിമുഖിക്കുന്നത് ആരാണ് ദൂതൻ യെഹോയുടെ ദൂതൻ എന്നാണ് അവിടെ പറഞ്ഞത് എന്നിട്ട് ആ യെഹോയുടെ ദൂതൻ ചോദിക്കുന്നു ഹാഗാരെ നീ ഇവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അവൾ പറയുന്നു എന്തോ പറയുന്നു എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോടരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു അപ്പോൾ ഈ ദൂതനാരായിരുന്നു ദൈവമായിരുന്നു യഹോവയായിരുന്നു യഹോവയായിരുന്നു അപ്പം പലയിടത്ത് പല രംഗത്ത് ദൈവം ദൂതന്മാരെ ആയിരിക്കും എന്നാൽ ദൈവം തന്നെ ദൂതനായിട്ട് വന്ന ചില രംഗങ്ങളാണ് നമ്മളിവിടെ വായിച്ചത് മോശയുടെ അടുത്ത് മുൾപ്പടർപ്പിൽ വന്നത് ദൈവം തന്നെ ആയിരുന്നു അടുത്ത് വന്നത് ദൈവം തന്നെ എന്ന് നമ്മളെ കാണുന്നു നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്കൊരു വാക്യം കാണാനായിട്ട് കഴിയും അതിൻ്റെ രണ്ടാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം അനന്തരം യഹോയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഹീമിലേക്ക് വന്നു പറഞ്ഞത് ഞാൻ നിങ്ങളെയും മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കേയില്ല കണ്ടോ ഏ ദൂതൻ ദൂതൻ ഞാ പറഞ്ഞേക്കുന്നത് പക്ഷേ ആ ദൂതൻ പറയുന്നത് ഞാനാണ് നിങ്ങളെ മിശ്രാമിൽ നിന്ന് പുറപ്പെടുവിച്ചത് ഞാനാണ് നിങ്ങളെ കൊണ്ടുവന്നത് അപ്പോൾ ദൂതൻ എന്ന് പറയുമ്പോൾ ചില രംഗങ്ങളിൽ അത് ആര് തന്നെയാണ് ദൈവം തന്നെയാണ് ദൈവം തന്നെയാണ് നമ്മളതുപോലെ തന്നെ യോശുവയ്ക്ക് ഒരു ദൂതൻ പ്രത്യക്ഷനായ ഒരു രംഗം നമ്മൾ വായിക്കുന്നു യോശുവയുടെ പുസ്തകം ഇപ്പം നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം കണ്ടല്ലോ യോശിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഞ്ചാമധ്യായത്തിൽ അതിൻ്റെ അവിടെ യോശുവയുടെ മുമ്പിൽ ഒരു ദൂതൻ വരുന്നുണ്ട് യോശു ആ എ ഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ഒരു ആൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു യോശു അവൻ്റെ അടുക്കൽ ചെന്ന അവനോട് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു അതിനവൻ അല്ല ഞാൻ എഹോയുടെ സൈന്യത്തിൻ്റെ അധിപതിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ആരാ ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ അധിപതിയായിട്ട് വന്ന ഒരു നിനക്കോ നിനക്കൊരു സന്ദേശവുമായി വന്ന ഒരു ദൂതനാണ് എന്ന് പറഞ്ഞു ദൂതനാണെന്ന് പറഞ്ഞപ്പം യോശുവ എന്തോ ചെയ്തു അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച അവനോട് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു യഹോയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയുടെ നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളകാൻ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു യോശുവ അങ്ങനെ ചെയ്തു ഇവിടെ വന്ന് സൈന്യത്തിൻ്റെ അധിപതിയും ആരാണ് ദൈവം തന്നെയാണ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഞാൻ ദൈവമാണെന്ന് പറയുന്നില്ലല്ലോ നമ്മൾ നേരത്തെ വായിച്ചെടുത്ത് പറയുന്നതുപോലെ പറയുന്നില്ലല്ലോ പക്ഷേ നമുക്കങ്ങനെ മനസ്സിലാക്കാൻ കാരണം എന്താ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു നമസ്കരിച്ചപ്പം സാധാരണയാണെങ്കിൽ ഒരു ദൂതനാണെങ്കിൽ വേറെ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ദൂതനാണെങ്കിൽ ആ ദൂതനെന്തോ പറയും എന്നെ നമസ്കരിക്കേണ്ട എന്ന് പറയും എന്നെ നമസ്കരിക്കണ്ട നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവല്ലോ കർത്താവ് കർത്താവ് ആ വചനം പിശാചിനോട് പറയുന്നുണ്ട് പ്രലോഭനത്തിൻ്റെ സമയത്ത് പറയുന്നുണ്ട് ആരെ മാത്രമേ ആരാധിക്കാവൂ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയെന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുകയാണ് ഇവിടെ യോശുവാ ഈ ദൂതനെ ആരാധിച്ചപ്പോൾ ഈ ദൂതൻ എന്ത് പറഞ്ഞില്ല എന്നെ ആരാധിക്കണ്ടെന്ന് പറഞ്ഞില്ല അത് കാണിക്കുന്നത് ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായ ദൈവം തന്നെയാണ് അവിടെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഇതിനെ നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ യോഹന്നാൻ പലപ്പോഴും ദൂതൻ വന്ന് പ്രത്യക്ഷനായി കാഴ്ചകൾ കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ വെളിപ്പാട് പുസ്തകം പത്തൊൻപതാമധ്യായം നോക്കുക പത്തൊൻപതിൻ്റെ പത്താമത്തെ വാക്യം ആ ദൂതനെ തന്നെ ഈ കാര്യങ്ങളുള്ള ഒക്കെ കാണിച്ച ദൂതനെ പത്താമത്തെ വാക്യം പത്തൊൻപതിൻ്റെ പത്ത് ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൾ വീണു അപ്പോൾ അവൻ എന്നോട് അതരുത് ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിൻ്റെ സഹോദരന്മാർക്കും സഹവൃത്യനത്രേ ദൈവത്തെ നമസ്കരിക്കുക എന്നവിടെ പറയുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ ഒരു രംഗം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലും കാണുന്നുണ്ട് വിളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ച് തന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു എന്നാൽ അവൻ എന്നോട് അതരുത് ഞാൻ നിൻ്റെയും നിൻ്റെ സഹോന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹകൃത്യനത്രേ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവര് നമ്മളെന്താ പറഞ്ഞു വന്നത് ദൈവം അയച്ച ഒരു ദൂതനാണെങ്കിൽ ആ ദൂതനെന്തു ചെയ്യുകയില്ല ആ നമസ്കാരം കൈക്കൊള്ളുകയില്ല ആരാധന കൈക്കൊള്ളുകയില്ല ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്നാൽ ഇവിടെ യോശയുടെ അടുത്ത് വന്ന ദൂതൻ എന്തു ചെയ്തു ആ ആരാധന സ്വീകരിച്ചു അപ്പോൾ അവിടെയും വന്നത് ആരാണ് ദൈവം തന്നെയാണ് അപ്പം നമ്മൾ പറഞ്ഞു മോശയുടെ അടുത്ത് വന്നത് അല്ലെ ഹാഗാറിൻ്റെ അടുത്ത് വന്നത് യോശിയുടെ അടുത്ത് വന്നത് ആ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു ദൂതനായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളെ വിടുവിച്ചു എന്ന് പറഞ്ഞിടത്തും ദൈവം തന്നെയാണ് വന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ വേദപണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് പഴയ നിയമത്തിൽ പലയിടത്തും യഹോയുടെ ദൂതൻ എന്ന് പറഞ്ഞ് വന്നിട്ട് ദൈവം തന്നെയാണെന്ന് പറയുന്ന അല്ലെങ്കിൽ ആരാധന കൈക്കൊള്ളുന്ന ആ ദൂതൻ ഈ ദൈവ തൃത്വം ആയ ദൈവത്തിലെ ഏതാളത്വമാണ് പിതാവായ ദൈവമാണോ പിതാവായ ദൈവം പിതാവായ ദൈവമാണെന്ന് നമ്മൾ കരുതും കാര്യം ദൈവം അരുളി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ പിതാവ് നമ്മൾ ആ തൃത്വത്തെ മൂന്ന് പേരെയും നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആർക്ക് മാത്രമേ മനുഷ്യ ആ അവതാരമെടുത്തിട്ടുള്ളൂ പുത്രൻ തമ്പുരാൻ മാത്രമേ മനുഷ്യത്വത്തിൽ വന്നിട്ടുള്ളൂ ദൈവം എന്ത് ചെയ്തു പിതാവായ ദൈവം ആ നിലയിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് വന്നിട്ടില്ല ആ നിലയിൽ വന്നിട്ടില്ല മറിച്ച് പുത്രൻ തമ്പുരാൻ മാത്രമാണ് മനുഷ്യനെ കാണാവുന്ന പോലെ ഒരു ജഡാവതാരമെടുത്തു വന്നത് അപ്പം ജടാവതാരമെടുത്തു വന്ന ആ ദൈവം കാരണം ജഡാവതാരം എടുത്താണ് യേശു വന്നതെന്ന് പറഞ്ഞാലും ദൈവം നിത്യനാണല്ലോ അതുകൊണ്ട് പഴയ നിയമകാലഘട്ടത്തിലും യഹോവിട ദൂതൻ എന്നു പറഞ്ഞു വന്ന് ഇവർക്ക് പ്രത്യക്ഷമാവുകയും ആരാധന കൈക്കൊള്ളുകയും ചെയ്ത ആ ദൂതൻ ഈ തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാനാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ഞാൻ എന്തിനാ പ്രിയപ്പെട്ടവർ ഇതെല്ലാം ഇത്രയും ഇത് പറഞ്ഞു വരുന്നത് നമ്മൾ ചിന്തിച്ച വാക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ച വാക്യം എന്താ എബ്രായർ പതിനൊന്നിൽ മോശ എന്തോ ചെയ്തു മോശ ക്രിസ്തുവിൻ്റെ നിന്നെയാണ് വലിയ ധനമെന്നെണ്ണിയത് പഴയ നിയമത്തിലാരില്ല ക്രിസ്തു എന്നുള്ള ഒരു വെളിപ്പാട് ആ നിലയിലില്ല പിന്നെങ്ങനാ മോശ ക്രിസ്തുവിൻ്റെ നിന്ന ബിസ്രൈമിൻ്റെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്നയെ വലിയ ധനമെന്നെണ്ണി എന്ന് ഇബ്രാഹി ലേഖനകാരൻ പറഞ്ഞതിൻ്റെ സാങ്കത്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടുവന്നത് തന്നെ വിളിച്ച് പഴയ നിയമ തന്നെ മുൾപ്പടർപ്പിൽ നിന്ന് വിളിക്കുകയും താൻ ഈ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അവരെ പരിപാലിക്കുകയും ഒക്കെ ചെയ്ത പുത്രൻ തമ്പുരാനാണ് എന്ന് നമ്മൾ കണ്ടാൽ ക്രിസ്തുവാണെന്ന് കണ്ടാൽ താൻ സത്യത്തിൽ തിരഞ്ഞെടുത്തത് ആരുടെ നിന്നെയാണ് താൻ തെരഞ്ഞെടുത്തത് ക്രിസ്തുവിൻ്റെ നിന്നയാ തെരഞ്ഞെടുത്തത് ിസ്രൈമിലെ നിക്ഷേപമൊക്കെ തൻ്റേതായിരുന്നു പക്ഷേ താൻ അത് വേണ്ടെന്ന് വെച്ചിട്ട് ക്രിസ്തുവിൻ്റെ നിന്നയെ താന് തെരഞ്ഞെടുത്തു ആ സൺമുഖദൂതൻ ആ സൺമുഖദൂതൻ ക്രിസ്തുവിന് എന്തുമായിരുന്നു നിന്ന എന്തുമായിരുന്നു തൻ്റെ ജനത്തിൻ്റെ നിന്ന ക്രിസ്തുവിൻ്റെ നിന്നയായിരുന്നു അന്നേരം തൻ്റെ ജനം അന്ന് ആരായിരുന്നു ഈ ഇസ്രായേൽ ജനമായിരുന്നു ആ ഇസ്രായേൽ ജനം എന്തായിരുന്നു അടിമകളായിരുന്നു അടിമയെന്ന് പറഞ്ഞാൽ നിന്ദമായ ഒരു വിഭാഗമാണ് അവരോടു കൂടെ താനും കഷ്ടപ്പെട്ടു നമ്മൾ ആദ്യം വായിച്ചല്ലോ ഞാൻ അവരുടെ സങ്കടം കണ്ടു അവരുടെ നിലവിളി കേട്ടു സൺമുഖദൂതൻ അവരുടെ കഷ്ടങ്ങളിലൊക്കെയും അവരോടുകൂടെ കഷ്ടപ്പെട്ടു അപ്പോൾ തൻ്റെ ജനത്തിൻ്റെ കഷ്ടങ്ങളോട് ചേർന്ന് നിന്നത് ക്രിസ്തു തന്നെയാണ് അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ നിന്നെയാണ് ആരെടുത്തത് മോശം എടുത്തത് മോശം തിരഞ്ഞെടുത്തത് കണ്ടോ പഴയ നിയമഭക്തനാണ് പക്ഷെ ആ പഴയ നിയമഭക്തൻ തിരഞ്ഞെടുത്തത് ദൈവോചനം പറയുന്നു ക്രിസ്തുവിൻ്റെ നിന്നയാണ് ഇത് നമുക്ക് കൂടുതലൊരു ധൈര്യവും സന്തോഷവും നൽകുന്നുണ്ട് എന്താ നമ്മൾ ഈ പുതിയ ഉടമ്പടിയിൽ നമ്മളിപ്പോഴായിരിക്കുമ്പോൾ നമ്മൾ ഈ തൃത്വത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു ബന്ധം ക്രിസ്തുവിൻ്റെ നിന്നയാണ് നമ്മളും ഇന്ന് തിരഞ്ഞെടുക്കുന്നത് നമ്മളും നിലയിൽ നമുക്ക് പല വാക്യങ്ങൾ നമുക്ക് നോക്കാം റോമർ കെഴുതിയലേഖനം പതിനഞ്ചാമധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇന്നും തൻ്റെ ജനത്തോടു കൂടെ കഷ്ടപ്പെടുന്നുണ്ട് ോമർ പതിനഞ്ചിലെ പതിനഞ്ചിൻ്റെ മൂന്നാമത്തെ വാക്യം നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എൻ്റെ മേൽ വീണു എന്നെഴുതിയിരിക്കുന്നതുപോലെ ക്രിസ്തു തന്നിൽ തന്നെ പ്രസാദിച്ചില്ല റോമർ പതിനഞ്ചിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് നമ്മൾ അവിടെ കണ്ടത് എംബ്രായർ കരുതി ലേഖനം പതിമൂന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നോക്കുക പതിമൂന്നിൻ്റെ പതിമൂന്ന് കയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക നാം പാളയത്തിന് പുറത്ത് അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലുക നമ്മൾ ഒന്ന് പത്രോസിലേക്ക് വരുമ്പോൾ ഒന്ന് പത്രോസ് നാലാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ക്രിസ്തുവിൻ്റെ നാമ ഹേതുവായി സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവശിക്കുന്നുവല്ലോ നിങ്ങളിലാരും കുലപാതകനോ കഷ്ടനോ ദുഷ് കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ണ സഹിക്കേണ്ടത് ക്രിസ്ത്യാനിയായിട്ട് കഷ്ണ സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രയേ വേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാര്യം പറഞ്ഞു വന്നത് മോശ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയെങ്കിൽ അത് മോശയ്ക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമല്ല ഇന്ന് നമുക്കും എന്തുണ്ട് നമുക്കും ഈ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നണ്ടാനായിട്ട് കഴിയും അന്ന് പഴയ നിയമ കാലഘട്ടത്തിൽ ക്രിസ്തു ഓ നിന്ദിക്കപ്പെട്ടത് തൻ്റെ ജനം കഷ്ടപ്പെട്ടപ്പോൾ അവരോടുകൂടെ കഷ്ടപ്പെടുകയും അവർ നിന്ദിക്കപ്പെടുമ്പോൾ അവരോടൊപ്പം നിന്ദിക്കപ്പെടുകയും ചെയ്തു എന്നാൽ കാല തികവിങ്കൽ പുത്രൻ തമ്പുരാൻ ആ ദൂതൻ ഈ ഭൂമിയിലെ അക്ഷരാർത്ഥത്തിൽ വന്നപ്പോൾ താൻ തന്നെ എന്തു ചെയ്തു താൻ തന്നെ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തു ഇന്ന് നമ്മൾ വന്നപ്പോൾ പുതിയ ഉടമ്പടിയുടെ ആളുകളായ നമുക്ക് ഈ കർത്താവിലേക്ക് തിരിഞ്ഞു നോക്കി കർത്താവ് നേരത്തെ സഹിച്ച ആ കഷ്ടങ്ങളിൽ നമുക്ക് അതിൻ്റെ പങ്കാളികളാകാനായിട്ട് കഴിയും മൂന്ന് കാലഘട്ടമാണ് പഴയനിമത്തിൽ എന്താണ് ക്രിസ്തു അവരോടൊപ്പം കഷ്ടപ്പെട്ട് അവരുടെ കഷ്ടങ്ങളെ തൻ്റെ കഷ്ടങ്ങളായിട്ടെടുത്തു ക്രിസ്തുവിൻ്റെ നിന്നയാണ് അപ്പോഴും മോശ തെരഞ്ഞെടുത്തത് ഇന്നോ ഇന്ന് നമ്മൾ കാൽവര ക്രൂശിൽ പുത്രൻ തമ്പുരാൻ അക്ഷരാർത്ഥത്തിൽ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇന്ന് നമ്മൾ അതിന് മുന്നിലായിരിക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ കഴിയും ക്രിസ്തുവിൻ്റെ ഈ കഷ്ടങ്ങളോട് ആ പങ്കുകാരാകാനായിട്ട് കഴിയും അപ്പോൾ മിസ്ലൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമായിട്ട് തിരഞ്ഞെടുത്ത ആ ഒരു മോശയുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ നിലപാട് നമുക്കും സ്വീകരിക്കാനായിട്ട് കഴിയും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകം വെച്ച് നീട്ടുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ക്രിസ്തുവിൻ്റെ നിന്ന അതുപോലെ തന്നെ തൻ്റെ ജനത്തോടു കഷ്ടം അനുഭവിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളെടുക്കുമ്പോൾ അതെന്താണ് നമ്മൾ പത്രോസിൻ്റെ ലേ ലേഖനത്തിൽ വായിച്ചത് ക്രിസ്തുവിൻ്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ അതെന്താണ് നിങ്ങൾ ഭാഗ്യവാന്മാർ ആ ഭാഗ്യാവസ്ഥ നമുക്ക് എങ്ങനെ കാണാൻ ഒക്കെയുള്ളൂ മാത്രമേ കാണാൻ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തോ ഭാഗ്യാവസ്ഥയോ ചുമ്മാതെ വെറുതെ ഏഹ് ഇതിൻ്റെ ഭാഗ്യം നമ്മൾ കാണുന്നില്ല എന്നാൽ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഇത് ഭാഗ്യമാണ് കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ് വിശ്വാസം നമുക്കും വിശ്വാസമുണ്ടെങ്കിലേ മോശതാൻ വിശ്വാസത്തിലാണ് ക്രിസ്തുവിൻ്റെ നിന്നയെ തിരഞ്ഞെടുത്തത് മിസ്രൈമിലെ നിക്ഷേപം വേണ്ടെന്ന് വെച്ചത് കാണാവുന്നതും മിശ്രൈമിലെ നിക്ഷേപമായിരുന്നു കാണാവുന്ന ആ കാര്യത്തെ വേണ്ടെന്ന് വെച്ച് കാണാൻ കഴിയാത്ത ക്രിസ്തുവിൻ്റെ നിന്നെന്നുള്ള ഭാഗ്യം താൻ തിരഞ്ഞെടുത്തു നമുക്കും ഇന്ന് വിശ്വാസത്താലേ അത് കഴിയുള്ളൂ കണ്ടോ ഇവിടെ നമ്മൾ വായിച്ചെടുത്ത് ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ അവിടെ എന്താ അങ്ങനെ നമ്മൾ നിന്ന് സഹിക്കുമ്പം എന്തോ സംഭവിക്കുമെന്ന് ആ വാക്യത്തിൽ പറയുന്നത് മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നമ്മുടെ മേൽ നിങ്ങളുടെ മേൽ ആവശിക്കുന്നല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ആ നിലയിലുള്ള ഒരു വർത്തമാനമായ ആവാസം നിങ്ങളുടെ മേലുണ്ടാവും എന്ന് തന്നെയല്ല പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്ന പ്രയോഗം കണ്ടോ മഹത്വത്തിൻ്റെ ആത്മാവ് മഹത്വം മഹത്വത്തിൻ്റെ ആത്മാവ് ഏഹ് പരിശുദ്ധാത്മാവിനെ എങ്ങനെയൊക്കെ പറയാമായിരുന്നു പക്ഷേ ഇവിടെ മഹത്വത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം ആ മഹത്വം നമ്മൾ കഷ്ടമാണ് അനുഭവിക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതെന്താണ് മഹത്വമാണ് ആ മഹത്വത്തിൻ്റെ ആത്മാവാണ് ആ നമ്മ ആ സമയത്ത് നമ്മുടെ മേലാഭസിക്കുന്നത് എന്ന് കാണാൻ കഴിയും ആ കാണാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ വേണം നമുക്ക് കഴിയും അടുത്ത വാക്യം കൂടെ നമുക്ക് വായിക്കാം ഇങ്ങനെ മോശ മിസ്രൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു കണ്ടു അവിടെ റെക്കൻ ചെയ്യുക താനത് എണ്ണുക ചെയ്തത് ഇന്നും നമ്മളെന്താ നമ്മൾ അത് എണ്ണുക വിശ്വാസത്താൽ എണ്ണുക അത് പലതും യാഥാർത്ഥ്യമായിട്ടില്ല പക്ഷേ ഇതാണ് വലിയ ധനമെന്ന് നമ്മൾ എണ്ണുകയാണ് വേണ്ടത് യാഥാർത്ഥ്യമായിട്ടില്ല എണ്ണുകയാണ് അടുത്തത് വിശ്വാസത്താൽ अदृश्य दैवते कल उ निक्ियाजाव कोप भयपे मिश्रे विटुदूं मोशेतान राजावे कोपयप मिश्रम विटु अद्वास तानद विश्वास तमें तनिकून इत वचन पर विश्वास तदर्श दैवते क ഈ വാക്യം ഒരു ഒരു പാരഡോക്സ് പോലെ തോന്നും ഒരു വിരോധ വിരുദ്ധോക്തി പോലെ തോന്നും അദൃശ്യ ദൈവത്തെ എങ്ങനെയാ കാണാൻ ദൈവത്തെ തന്നെ ദൈവത്തിൻ്റെ കൊടുത്തേക്കുന്ന വിശേഷണം എന്താ ഏ ആദൃശ്യ ദൈവം കാണാനൊക്കാത്ത ദൈവത്തെ കണ്ട പോലെ കാണാനൊക്കാത്തവനെ എങ്ങനെയാണ് കാണാൻ ഒക്കെ അത് വിശ്വാസത്താൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് കാണാത്ത അവിടെ അവിടെ ആണ് വിശ്വാസം വരുന്നത് അദൃശ്യ ദൈവത്തെ കണ്ട പോലെ പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മളെന്ത് വേണം പലപ്പോഴും നമുക്ക് പലതും കാണാൻ വയ്യ ദൈവത്തിൻ്റെ സാന്നിധ്യം അദൃശ്യനാണ് ദൈവം പക്ഷെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണം പ്രത്യേകിച്ചും കഷ്ടങ്ങളും പരിഹാസങ്ങളും നിന്ദകളും മറ്റ് ലോകത്തിൻ്റെതായ ഒറ്റപ്പെടുത്തലും ഒക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇവിടെ ദൈവമുണ്ടോ ദൈവമുണ്ടോ ദൈവമുണ്ടോ ദൈവം ഉണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല പക്ഷേ വിശ്വാസത്തിലാണ് അവിടെ അവിടെ ദൈവം അദൃശ്യനാണ് ആ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ചിലപ്പോൾ അദൃശ്യനാണ് ദൈവം കഷ്ടങ്ങളുടെ മധ്യത്തിൽ ചിലപ്പോൾ നേരിട്ട് വരും നമുക്കറിയാം ചന്ദ്രക്കു അവരെ തീയിൽ വീണപ്പോൾ ആ കഷ്ടത്തിൻ്റെ മധ്യത്തിൽ നാലാമനായിട്ട് ദൈവം തന്നെ വന്നു എന്നാൽ നമ്മൾ ഈ എബ്രാഹി ലേഖനം തിരിച്ച് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവർ ചിലരെന്ത് എന്ത് ചെയ്തു തീൽ അഗ്നിയിൽ അവർ ദഹിപ്പിക്കപ്പെട്ടു പുതിയ നിയമഭക്തന്മാർ ഒന്നാം നൂറ്റാണ്ടിൽ ഇത് എഴുതുമ്പോൾ തന്നെ ആ സഭപീഡനത്തിലൂടെ കടന്നു പലരെയും അഗ്നിക്കിരയാക്കി നീറോ ചക്രവർത്തി വാളുകൊണ്ടുവന്നു അഗ്നിക്കിരയാക്കി പക്ഷേ അഗ്നിക്ക് ഇരയാക്കിയപ്പോൾ അവർ പറയുക അയ്യോ ചന്ദ്രകമേശ കവേന്ദ്രഗോവിനെ തീയിൽ നിന്ന് രക്ഷിച്ചല്ലോ നീ ഞങ്ങളെ രക്ഷിക്കെ പക്ഷേ അവരെ അന്നേരം രക്ഷിച്ചില്ല ആ രക്ഷിക്കാഞ്ഞതും ദൈവത്തിൻ്റെ കരുണയായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് പ്രിയപ്പെട്ടവരെ നമുക്കെപ്പോഴും ദൈവത്തിൻ്റെ കരുണയെ വിടുതലില്ല കാണുന്നത് വിടുതൽ മാത്രമല്ല ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോകാനുള്ള കൃപ ലഭിക്കുന്നതും എന്താണ് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് അവിടെ നിൽക്കാൻ കൂടുതലൊരു വിശ്വാസം വേണം വിശ്വാസം വേണം അദൃശ്യ ദൈവത്തെ അവിടെ ദൈവം ദൃശ്യനല്ല ദൃശ്യനല്ല അദൃശ്യ ദൈവമാണ് പക്ഷെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കണം ദൈവം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ദൈവമുണ്ടോ ദൈവം എന്നെ സഹായിക്കാനില്ലല്ലോ ഞാൻ എത്ര പ്രാർത്ഥിച്ചു ഞാൻ എത്ര വട്ടം ഉപവസിച്ചു എത്ര വട്ടം ദൈവത്തോട് ചോദിച്ചു എന്നിട്ട് കാണാവുന്ന നിലയിൽ ഒരു ഉത്തരം എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് നിരാശപ്പെട്ടു പോകുമ്പോൾ നിരാശപ്പെട്ടു പോകാനുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോൾ ഈ കാര്യം ഓർക്കുക മോശം എങ്ങനെയാ നിന്നത് അദൃശ്യ ദൈവത്തെ കണ്ടു അദൃശ്യ ദൈവത്തെയാണ് കണ്ടത് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു ഒരു സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആ സാറെന്തായിരുന്നു സാറ് സാറ് വലിയൊരു നിരീശ്വരവാദിയായിരുന്നു നിരീശ്വരവാദിയായ സാറ് അദ്ദേഹം പുള്ളി അദ്ദേഹം കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോഴും അദ്ദേഹം എന്താ നിരീശ്വരവാദി ആയതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം തൻ്റെ നിരീശ്വരവാദപരമായ ആ ചിന്തകൾ കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ബ്ലാക്ക്ബോർഡിൽ ഒരു സെൻറ്റൻസ് എഴുതി ഗോഡ് ഈസ് നോ വെയർ എന്നെഴുതി ഗോഡ് ഈസ് നോവെയർ എന്ന് എഴുതി ഇംഗ്ലീഷ് അറിയാവുന്നവർക്കറിയാം ഗോഡ് ഈസ് നോ വെയർ ദൈവം എങ്ങുമില്ല ഗോഡ് ഈസ് നോവെയർ നോവെയർ നോ വേറെ എന്നുള്ള ഡബ്ല്യു E, ആറി നോവെയർ ദൈവം എങ്ങുമില്ല അപ്പോൾ ആ ക്ലാസ്സിലൊരു ഒരു ഒരു ദൈവഭക്തനായ ഒരു കുഞ്ഞുണ്ടായിരുന്നു അവൻ ചെന്നിട്ടെന്തോ ചെയ്തു ഈ നോയുടെ കഴിഞ്ഞിട്ടുള്ള ഡബ്ല്യുവിനെ ഇങ്ങോട്ട് അടുപ്പിച്ചു അടുപ്പിച്ചെഴുതി അതിൻ്റെ അർത്ഥം എന്താ ഗോഡ് ഈസ് നൗ ഹിയർ നൗ ഹിയർ ഗോഡ് ഈസ് നോ വെയർ എന്നുള്ളതിന് ആ ഡബ്ല്യുവിനെ നോയോട് ചേർത്ത് വെച്ചപ്പം നൗവെന്നായി ദൈവം ഇപ്പോൾ ഇവിടെ സാറെ എഴുതിയേ ദൈവമില്ലെന്നാണ് എഴുതിയത് കുഞ്ഞെഴുതി ദൈവം ഇപ്പം ഇവിടെ ഉണ്ടെന്ന് എഴുതി പ്രിയപ്പെട്ടവരെ അദൃശ്യ ദൈവത്തെ കണ്ട പോലെ ഉറച്ചു നിൽക്കാൻ ഈ കുഞ്ഞിൻ്റെ വിശ്വാസം ഉണ്ടേലേ പറ്റുകയുള്ളൂ നമ്മുടെ സാഹചര്യം നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മളോട് പറയുന്നത് ഇവിടെ ഗോഡീസ് നോവെയർ ദൈവമില്ല ദൈവമില്ല ഗോഡ് ഈസ് നോ വെയർ എന്നാണ് നമ്മളോട് നമ്മുടെ സാഹചര്യവും നമ്മുടെ അനുഭവവും പറയുന്നത് പക്ഷെ അവിടെ നമ്മൾ വിശ്വാസത്തോടെ ആ സെൻറ്റൻസിനെ ഇങ്ങനെ തിരുത്തി എഴുതണം ഗോഡ് ഈസ് നൗ ഹിയർ ദൈവം ഇപ്പം ഇവിടെയുണ്ട് മോശ അങ്ങനെയാണ് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്ന് കോപം ഭയപ്പെടാതെ വിട്ടുപോകുന്നത് പ്രിയപ്പെട്ടവർ ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എടുക്കാവുന്ന ഈ പാഠങ്ങളെ നമുക്കെടുക്കുക നമുക്ക് മോശയുടെ കാര്യത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് നമുക്ക് നണ്ടാനായിട്ട് കഴിയും അതുപോലെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് കഴിയും ദൈവം അതിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു ഈ വഴിയിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കും